മഹത്വം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്തെക്കുറിച്ച് പറയുന്ന അതിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെ വിശദമായിട്ട് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഈ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നോക്കുക കർത്താവിനറിയാം സമയമെടുത്തു എന്ന് അറിയാം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് സമയമായപ്പോൾ സമയമായപ്പോൾ അപ്പോൾ കർത്താവ് അവരൊന്നിച്ച് ഭക്ഷണത്തിന് ഇരിക്കുന്നു കർത്തൃമേശ എന്ന ആ കാര്യം താന് സ്ഥാപിക്കുന്നു ഇതിനൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് കർത്താവ് പറയുന്നു അവനവരോട് ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു അപ്പോൾ കർത്തൃമേശ എന്നൊരു കാര്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ആ പെസഹ് നിലയിൽ ഇവരോടൊപ്പം കഴിപ്പാനായിട്ട് ആഗ്രഹിച്ചു എന്ന് പറയുന്നിടത്തെ ആ താല്പര്യം കണ്ടോ ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പ് ഈ പ്രസാദം നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു വാഞ്ചയും ആഗ്രഹവും സത്യത്തിൽ ഒന്നു തന്നെയാണ് എന്നാലും അത് കർത്താവിനുള്ള ആ താല്പര്യമാണ് തൻ്റെ കൂടുണ്ടായിരുന്ന പ്രിയ ശിഷ്യന്മാർ അവരാരും പൂർണരല്ലായിരുന്നു അവരൊക്കെ പല കാര്യങ്ങളിൽ തെറ്റിപ്പോകുന്നവരായിരുന്നു എങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത കർത്താവ് അവരോടുള്ള കൂട്ടായ്മ താൻ വളരെ വിലപ്പെട്ടതായിട്ട് ആ നിലയിലെ കർത്താവ് കൊണ്ടു നടന്നു താൻ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് അവരോടൊപ്പം ഈ ബസക കഴിപ്പാനായിട്ട് താൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്കും ഒത്തിരി ധൈര്യം തരുന്നുണ്ട് നമ്മളും കർത്താവായ യേശുവും തമ്മിൽ നോക്കിയാൽ യാതൊരു താരതമ്യവും ഇല്ലാത്തവണ്ണം ആണ് നമ്മൾ നമ്മളീ ശിഷ്യന്മാരെപ്പോലെ അല്ലെങ്കിൽ അവരെക്കാൾ മോശമായ നിലയിൽ പിന്മാറിപ്പോവുകയും കർത്താവിനെ തള്ളിപ്പറയുകയും ഓ പീഡനങ്ങളുടെ മുമ്പാകെ പതറിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതെല്ലാം കർത്താവിനറിയാം ഈ ശിഷ്യന്മാരുടെ പ്രത്യേകതകളെല്ലാം കർത്താവിനറിയാം പത്ര ദിവസം തന്നെ തള്ളി പറയുമെന്നും എല്ലാം കർത്താവ് തന്നെയാണ് മുൻകൂർ പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെയുള്ള ആ നിലയിൽ പൂർണ്ണരല്ലാത്ത പലവിധമായ തെറ്റുകളുള്ള കുറവുകളുള്ള ഫീരുക്കളായ ഈ ശിഷ്യന്മാരാണ് തനിക്കുള്ളത് എങ്കിലും അവരോടുള്ള കൂട്ടായ്മയെ കർത്താവ് എത്രയേറെ വിലമതിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം കാണിക്കുന്നത് ഞാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മളെ കർത്താവ് എത്ര വില മതിക്കുന്നു നമുക്ക് കുറവുകളുണ്ടാകാം പക്ഷേ കർത്താവ് നമ്മുടെ കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നു എന്നൊരു കാര്യം നമുക്കതിൽ നിന്ന് സന്തോഷമായിട്ടെടുക്കാം എന്ന് കരുതുന്നു അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാ കർത്താവ് താന് അവരോട് കൂടെ അങ്ങനെ താൻ ഇരിക്കുമ്പോൾ താന് കർത്തൃമേശ ആ കാര്യം അതിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളിലോ ഇരുപത്തൊന്ന് വാക്യങ്ങളിലൊക്കെ ആ കാര്യം കർത്തൃമേശ ആ നിലയിൽ സ്ഥാപിക്കുന്നത് എന്നിട്ട് താൻ അവിടെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്നെ ഒരാൾ കാണിച്ചു കൊടുക്കുമെന്നും ഒക്കെയുള്ള കാര്യം താൻ കഷ്ടമനുഭവിക്കാൻ പോവുകയാണെന്നും എല്ലാം കർത്താവ് വളരെ തുറന്നു പറയുന്നു പക്ഷേ ഇരുപത്തിനാലാമത്തെ വാക്യം വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതൊക്കെയാണെങ്കിലും ശിഷ്യന്മാർ തങ്ങളിൽ ആരെയാണ് വലിയവനം നിണ്ണേണ്ടത് ചൊല്ലി ഒരു തർക്കം അവിടെ നടത്തുകയാണ് കണ്ടോ അങ്ങനെ ഒരു തർക്കത്തിനുള്ള സമയമല്ല പക്ഷേ കർത്താവ് കടന്നു എന്ന് കേട്ടപ്പോൾ ഇനിയിപ്പം തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് വലിയവനം നിണ്ണുന്നത് എന്നുള്ള വളരെ മാനുഷികമായ തർക്കത്തിലാണ് അവർ ഏർപ്പെടുന്നത് അല്ലാതെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള ദുഃഖമോ കർത്താവിൻ്റെ കടന്നുപോക്കിനെ കുറിച്ചുള്ള ആ നിലയില് അവർക്കുള്ള വിഷമങ്ങളോ ഒന്നുമല്ല അതിനപ്പുറത്തും തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കമാണ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കാണുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് കർത്താവ് പറയുന്നു അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പത്രൂസിനോട് പറയുന്നു ഷിമോനെ ഷിമോനെ കണ്ടോ ആ വാക്കാവർത്തിക്കുമ്പോൾ പേരാവർത്തിക്കുമ്പോൾ അവനോടുള്ള താല്പര്യമാണ് അതിൽ പ്രകടമാകുന്നത് ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനൊന്നും എൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഇവിടെ കർത്താവ് പറയുന്നത് കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു കർത്താവിൻ്റെ കൽപ്പനയും കർത്താവിൻ്റെ അനുവാദവും ഇല്ലാതെ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുകയില്ല നമ്മൾ പഴയ നിയമത്തിലെ ഭക്തനായ ഇയോബിൻ്റെ കാര്യം അറിയാമല്ലോ ഇയോബിനെ തൊടുവാന് സാത്താന് അനുമതി ചോദിച്ചു ദൈവം അനുമതി കൊടുത്തതിന് ശേഷമാണ് അവന് ഇവിനെ ആ നിലയിലെ പല നിലയിലെ പീഡിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് ഇവിടെയും ഈ നിലയിൽ നിൻ്റെ ഇവനെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഉടനെ കർത്താവ് കോതമ്പ് പോലെ പാറ്റരുതേ എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ പാറ്റാൻ കൽപ്പന കൊടുക്കാതിരിക്കുകയല്ല ചെയ്തത് അതിന് കൽപ്പന കൊടുത്തു അതിനനുവാദം കൊടുത്തു എന്നാൽ വിശ്വാസം പോയി പോകാതിരിക്കാൻ പത്രോസിന് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്ന തർക്കത്തെ ഈ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ഈ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തൊൻപതിൽ പത്രോസ് പറയുന്നുണ്ട് എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്കിൽ ഇടറുകയില്ല എന്ന് താനെ പറയുന്നുണ്ട് താൻ പറയുന്നുണ്ട് അവിടെ കണ്ടോ ഇതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലും കർത്താവെ ഞാൻ നിന്നോട് കൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തി ഒൻപതിലെ ഒരു പടിയുടെ കടത്തി ഞാൻ നിൻ്റെ കൂടെ തടവിലാകുവാനും മരിപ്പാനും ഇരിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല അപ്പം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരെക്കാളെ എല്ലാം കേമനാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ നായകനാകാൻ തക്ക ആളാണ് ഞാൻ എന്നൊരഹംഭാവം പത്രോസിലെ കിടന്നിരുന്നു ഈ അഹംഭാവം അവൻ വീണെങ്കിൽ മാത്രമേ ആ അഹംഭാവത്തിൽ നിന്ന് അവനെ വിമോചനം നേടാനൊക്കെ ഉള്ളൂ എന്ന് കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് അവനെ പാറ്റാനായിട്ട് അനുമതി കൊടുത്തത് എന്നാൽ അവൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ പിതാവിനോട് അപേക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കണ്ടോ അങ്ങനെ പത്രോസ് വീണതുകൊണ്ടാണ് അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയത് അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ക്ഷമിക്കണം അറുപത്തി ഒന്നും അറുപത്തി വാക്യങ്ങൾ നോക്കുക കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശേഷം പത്രോസ് അതി കരഞ്ഞു അവൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല ഞാനാണ് അവരുടെ കൂട്ടത്തിൽ വെച്ച് കേമൻ എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം അത് തകർക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു പാപത്തിൽ ഈ തള്ളിപ്പറയലിൽ വീണതുകൊണ്ട് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് കർത്താവിന് അറിയാമായിരുന്നതുകൊണ്ട് കർത്താവ് അത പ്രിയപ്പെട്ടവരെ ഇവിടെ നോക്കുക പത്രോസവ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ആ ഭാഗങ്ങളെ വളരെ വിശദമായിട്ട് പഠിക്കുന്ന വേദപണ്ഡിതന്മാർ പലരും പറയുന്നത് മൂന്ന് വട്ടം രണ്ട് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു അതായത് കോഴി രാത്രിയിലും കൂയി പ്രഭാതത്തിലും കൂടി കൂയി അവ കൂകുന്നതിന് മുമ്പ് ഓരോ വട്ടവും മൂന്ന് മൂന്ന് വട്ടം വീതം മൊത്തം ആറ് പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു എന്നാണ് ബൈബിളിലെ വിവിധ ഭാഗങ്ങൾ ചേർത്ത് വില്യം മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന വലിയ വേദപണ്ഡിതനൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുന്നവരാണ് ആറു പ്രാവശ്യം തള്ളി പറഞ്ഞു കോഴി കോവൻ മുമ്പ് മൂന്ന് വട്ടം തള്ളി പറയും പക്ഷേ കോഴി രണ്ട് വട്ടം കോവി അങ്ങനെ മൂന്നും മൂന്നും ആറു വട്ടം അതിൻ്റെയൊക്കെ കൃത്യമായ ആ റഫറൻസ് സഹിതം വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആറുവട്ടം പത്ര ദിവസം തള്ളി പറഞ്ഞു പക്ഷേ പത്രദോസ്വ തള്ളി പറഞ്ഞെങ്കിലും അവനെ അനുദപിച്ചു അനുദപിച്ചു ഇങ്ങനെ അനുദപിച്ച് അവൻ്റെ ആത്മവിശ്വാസം തകർന്നതുകൊണ്ടാണ് പെന്തക്കോസ് നാളിൽ അവന് ആളുകളോട് വളരെ അവരുടെ ഭാഗത്ത് നിന്ന് അവരെ കരുതിക്കൊണ്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞത് ദൈവം തന്നെ ഉപയോഗിച്ചപ്പോഴും ഒരിക്കലും നികളമില്ലാതെ നിൽക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ് പൗലോസ് പത്രോസിനെതിരെ പലപ്പോഴും ഗൗരവമായിട്ട് പറഞ്ഞ പല കാര്യങ്ങൾ ഗലാത്തേർ രണ്ടിൻ്റെ പതിനാലിലൊക്കെ നമുക്ക് കാണാം പക്ഷേ പത്രോസ് ഒരിക്കലും പൗലോസിനെ ചെറുതാക്കി പറയുന്നില്ല രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ പൗലോസിനെ പൗലോസ് ആ സഹോദരന് തൻ്റെ അറിവിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കണം എന്നൊക്കെ പൗലോസിനെ ശ്ലാഘിച്ചാണ് പത്രോസ് പറയുന്നത് അല്ലാതെ അതിനെക്കുറിച്ച് താനൊരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അവൻ വീണതുകൊണ്ടും അവൻ്റെ ആത്മവിശ്വാസം തകർന്നത് കൊണ്ടുമാണ് ഇങ്ങനെ നല്ല നിലയിൽ ഇപ്പം എന്തൊക്കോസ് പ്രസംഗിക്കാനും നിഗളിക്കാതെ ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങനെ ജീവിക്കാനും പൗലോസ് തനിക്കെതിരെ പലതും ഗൗരവമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും അതിൻ്റെ പകയൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ പെരുമാറാനും ഒക്കെ കഴിഞ്ഞത് സ്വന്തം ആത്മവിശ്വാസം വലുതായിട്ട് തകർന്നതുകൊണ്ടാണ് നമുക്കും നമുക്കും നമ്മൾ തന്നെ ഒരു നിറവും ആ നിലയിൽ ധൈര്യവും ഉണ്ടെങ്കിൽ അത് തകരണം അത് തകരാൻ ചിലപ്പോൾ ദൈവം നമ്മളെ ചില പരീക്ഷകളിലൂടെ കടത്തിവിടും എങ്കിലും ഒന്ന് കോനിതേർ പത്തിൻ്റെ പതിമൂന്ന് പറയുന്നത് നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് പരീക്ഷ തരികയില്ല ചിലപ്പോൾ ചില പാപങ്ങളിൽ വീഴാൻ ദൈവം അനുവദിക്കും പക്ഷെ അത് നമ്മുടെ ആത്മവിശ്വാസം തകർത്ത് നമ്മളെ നുറുക്കാൻ വേണ്ടിയാണ് നോക്കുക സംഖ്യാപുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നില് മോശെ അതിസൗമ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു അവനങ്ങനെ അതിസൗമ്യനായത് നുറുക്കപ്പെട്ടാണ് പല നിലയിലുള്ള അനുഭവങ്ങൾ പരീക്ഷകൾ അവനെ അനുവദിച്ചു പല വർഷങ്ങളിൽ അവനെ ആ നിലയിൽ നുറുക്കാനായിട്ട് സ്വന്തം അമ്മാവിയപ്പൻ്റെ കൈ കീഴിലും ആടുകളെ ഒക്കെ അങ്ങനെ നുറുക്കാനായിട്ട് ദൈവം അനുവദിച്ചു അതുകൊണ്ട് അവൻ അതിസൗമ്യനായി തീർന്നു പത്രോസിനെ സംബന്ധിച്ച് അങ്ങനെ പത്രോസിനെ സൗമ്യനാക്കി തീർത്തു നമ്മളെയും സൗമ്യരാക്കി തീർക്കാൻ ദൈവം പല വിധത്തിലുള്ള പരീക്ഷകളിലൂടെയും അനുഭവങ്ങളിലൂടെ കടർത്തി കർത്താവ് അപ്പം എടുത്ത് നുറുക്കിയപ്പോഴാണ് അയ്യായിരം പേരുടെ വിശപ്പ് തീർന്നത് ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ പാറയെ അടിച്ചപ്പോഴാണ് ഇസ്രായേൽ മക്കളുടെ ദാഹം തീരത്തൊക്കെ വെള്ളം പൊട്ടി മറിയ ആ സുഗന്ധപാത്രം തകർത്തപ്പോഴാണ് അതിലെ സുഗന്ധം വീടിനെ നിറച്ചത് അപ്പൊ തകർന്നാലേ അനേകർക്ക് അനുഗ്രഹമാകുള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ് ദൈവം നമ്മയും തകർക്കാനായിട്ട് പല കാര്യങ്ങൾ അനുവദിക്കുന്നത് പത്രോസിനെ തകർത്തു മോശയെ തകർത്തു എങ്കിൽ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെ അനുവദിക്കുന്ന പരീക്ഷകളുടെ മുമ്പിൽ നമ്മൾ നിരാശപ്പെട്ടു പോകരുത് നമ്മൾ തകർന്നവരായി സൗമ്യതയുള്ളവരായും ഓ വൈരാഗ്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിക്കാത്തവരായിട്ടും മറ്റുള്ളവരെ കുറച്ച് കാണാത്തവരായിട്ടും പത്രോസിനെ പോലെ നമ്മളും ആ നിലയിൽ കർത്താവിനെ ഉപയോഗിക്കാൻ യോഗ്യരായിത്തീരണം തീരണം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കർത്താവിനെ പിടിച്ചുകൊണ്ട് രാത്രിയിൽ തന്നെ അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി വെള്ളിയാഴ്ച ആകുന്ന വെള്ളിയാഴ്ച പുലരുന്ന ആ രാത്രിയിൽ ഏകദേശം അർദ്ധരാത്രി ഒരു മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിവരെയുള്ള സമയം വരെ അവരെ മൂന്ന് മത കോടതികളിൽ കർത്താവായ യേശുവിനെ വിസ്തരിക്കുന്നതാണ് അതിൻ്റെ നേർചിത്രമാണ് നമ്മൾ ലൂക്കോസ് ഇരുപത്തിരണ്ടിലെ കാണുന്നത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ആകുമ്പോഴേക്കും പീലാത്തോസിൻ്റെ അടുത്തേക്ക് റോമൻ ഗവർണറുടെ അടുത്തേക്ക് വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ഇതാ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ മൂന്ന് മത എന്ന് പറയുമ്പോൾ ഒന്നാമത് ഹന്നാസിൻ്റെ അടുത്ത് അന്നാസിൻ്റെ അടുത്ത് മഹാപുരോഹിതനായ അന്നാസിൻ്റെ അടുത്ത് അവനെ കൊണ്ടുവന്നു തുടർന്ന് കയ്യപ്പാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു കയ്യപ്പാവിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് കർത്താവിനെ സന്നിദ്രീം സംഘത്തിൻ്റെ മുൻപാകെ അതായത് യഹൂദ മതം സംബന്ധിച്ച് ഉള്ള അവസാന തീരുമാനങ്ങളൊക്കെ വരുന്ന എഴുപത് പ്രധാനപ്പെട്ട ആളുകളടങ്ങുന്ന വലിയ ആ സന്നിദ്രീം സംഘത്തിന് രാത്രിയിൽ തന്നെ കർത്താവിനെ ഹാജരാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇവിടെ ഈ നിലയിലെ മൂന്ന് കോടതികളിൽ മൂന്ന് മത കോടതികളിലെ കർത്താവിനെ വിസ്തരിച്ചു കർത്താവിനെ വിസ്തരിച്ചിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല പിന്നെ അതിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ എഴുപത് എഴുപത്തൊന്ന് വാക്യങ്ങളിൽ അവർ സെന്യന്തിരി സംഘം കണ്ടോ അവനോട് ചോദിക്കുന്നു നീ ദൈവപുത്രനോ എന്ന് ചോദിക്കുന്നു നീ ദൈവപുത്രനോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് വേണമെങ്കിൽ അത് തനിക്കെതിരെ ഒരു ആരോപണമായിട്ട് വരുമെന്നറിഞ്ഞ് തനിക്ക് മൗനം ദീക്ഷിക്കാമായിരുന്നു പക്ഷേ കർത്താവ് അവിടെ ഞാനാകുന്നു എന്ന് കൃത്യതയോടെ പറയുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ അറുപത്തിരണ്ടിലും ഇത് നമ്മളെ കാണുന്നുണ്ട് ഉടനെ സന്നിധിനി സംഘത്തിലുള്ളവർ കണ്ട ഒരു മനുഷ്യൻ കർത്താവിനെ അവരൊരു മനുഷ്യനായിട്ട് മാത്രമാണ് കാണുന്നത് നശ്രയത്തിൽ മറിയത്തിൻ്റെ മകനായിട്ട് ജനിച്ച് ആ നിലയിൽ നമ്മളുടെ ഇടയിൽ പാർത്ത ഒരു മനുഷ്യനിതാ തന്നെ തന്നെ ദൈവമാക്കുന്നു ദൈവപുത്രനാക്കുന്നു അത് ദൈവദൂഷണമാണ് ദൈവദൂഷണത്തിന് ഉള്ള ശിക്ഷയെന്ന് പറയുന്നത് മരണമാണ് ന്യായ പ്രമാണം അവരുടെ ന്യായപ്രമാണമനുസരിച്ച് ദൈവദൂഷണത്തിനുള്ള ശിക്ഷ മരണമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് അന്ന് ഒരാളെ ആ നിലയില് കൊല്ലാനായിട്ട് അനുമതിയില്ല കാരണം യഹൂദന്മാരെ ഭരിക്കുന്നത് റോമൻ അധികാരമാണ് റോമൻ അധികാരത്തിനാണ് ആ മരണശിക്ഷ നൽകാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് അവര് ഈ മതപരമായ കോടതി കർത്താവിനെ വിസ്തരിച്ച് ദൈവദൂഷണം അവൻ പറഞ്ഞു എന്നൊക്കെ കണ്ടെത്തിയെങ്കിലും അവനെ ശിക്ഷിക്കാനായിട്ട് കൊല്ലാനായിട്ടുള്ള ഉത്തരവ് റോമാക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളത് 23 മൂന്നാം അധ്യായം നോക്കുക ഇരുപത്തിമൂന്നിൻ്റെ തുടക്കത്തിൽ നേരം പുലർന്നപ്പോൾ അവർ പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ ഹാജരാക്കുന്നു അപ്പോൾ ഹന്നാവ് കയ്യപ്പാവ് സെന്യന്ത്രി സംഘം ഇവിടെയൊക്കെ രാത്രിയിൽ അവർ വിസ്തരിച്ചു എന്നിട്ട് പുലർച്ച കർത്താവിനെ പീലാത്തോസ് പീലാത്തോസ് റോമൻ ഗവർണറാണ് പീലാത്തോസിനാണ് മരണശിക്ഷ വിധിപ്പിനുള്ള അധികാരമുള്ളത് പീലാത്തോസിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്നു പീലാത്തോസിൻ്റെ മുൻപാകെ കൊണ്ടുവരുമ്പോൾ ഈ യഹൂദന്മാർ റോമാക്കാർക്ക് ആ നിലയിലെ വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ യേശു ചെയ്തതായിട്ടുള്ള ആരോപണങ്ങളാണ് അവരുന്നയിക്കുന്നത് അല്ലാതെ അവൻ ദൈവദൂഷണം പറഞ്ഞു എന്നൊക്കെയുള്ള യഹൂദന്മാർക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ പീലാത്തോസിനോട് പറഞ്ഞാൽ പീലാത്തോസിനോ റോമൻ നിയമത്തിനോ അതൊന്നും മരണശിക്ഷ വിധിക്കാവുന്ന കുറ്റമല്ല അതുകൊണ്ട് റോമൻ ഭരണകൂടത്തിന് കർത്താവിനെ ശിക്ഷിക്കാൻ തക്ക മൂന്ന് ആരോപണങ്ങളാണ് അവർ പീലാത്തൂസിൻ്റെ മുൻപാകെ കൊണ്ടുവന്നത് ഒന്ന് എന്ന് പറയുന്നത് റോമാക്കാർക്കെതിരെ കർത്താവ് മത്സരിക്കാനായിട്ട് ജനത്തെ ആ നിലയിൽ മറിച്ച് കളയുന്നു എന്നതാണ് ഒന്നാമത്തെ കുറ്റാരോപണം രണ്ടാമത്തെ കുറ്റാരോപണമായിട്ട് അവർ കൊണ്ടുവന്നത് പീലാത്തൂസിൻ്റെ മുൻപാകെ കൈസർക്ക് കരം കൊടുക്കുന്നതിൽ നിന്ന് അവൻ ജനത്തെ വിലക്കി എന്നുള്ള ആരോപണമാണ് മൂന്നാമത്തേതായിട്ട് അവർ കൊണ്ടുവന്നത് തന്നെത്താൻ രാജാവാക്കി എന്നുള്ളതായിരുന്നു എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ച പീലാത്തോസിന് മനസ്സിലായി ഇതൊക്കെ അവർ ഈ ചുമ്മാതെ കെട്ടിച്ചമച്ചതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും കർത്താവിനെ വിടാനായിരുന്നു മോചിപ്പിക്കാനായിരുന്നു പീലാത്തോസിൻ്റെ താല്പര്യം അപ്പോൾ ഇവരെ സംസാരിച്ച കൂട്ടത്തിൽ ഇവൻ ഗലീല തുടങ്ങി ഇവിടെ വരെ ആളുകളെ റോമൻ ഭരണാധിപത്യത്തിനെതിരെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസിന് ഒരു പിടിവെള്ളി കിട്ടി പീലാത്തോസ് നോക്കിയപ്പം ഗലീല ഗലീല മുതൽ അപ്പോൾ ഗലീലക്കാരനാണോ ഇവൻ അതെ ഗലീലക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ഗലീല പ്രവിശ്യയുടെ ഇടപ്രഭുവായ ഹേരോദാവ് ഇവിടെ ഉണ്ടല്ലോ ഇവനെ വിചാരണ ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞ് ആ ആ തക്കം ഉപയോഗിച്ച് പീലാത്തോസ് എന്ത് ചെയ്യുന്നു ഹേരോദാവിൻ്റെ അടുത്തേക്ക് വിടുന്നു അപ്പോൾ ഗലീല അടങ്ങുന്ന പ്രോവിൻസ് ഹേരോദാവിൻ്റെ കീഴിലാണ് ഹേരോദാവ് അന്ന് ഈ നിലയിൽ പെരുന്നാൾ പ്രമാണിച്ച് എരിശലേമിൽ എത്തിയിട്ടുണ്ട് അപ്പം എരിശലേമിലുള്ള ഹേരോദാവിൻ്റെ അടുത്തേക്ക് യേശുവിനെ അയക്കുന്നു ഈ ഹേരോദാവ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴുള്ളത് ഹേരോദാവ് അന്തിപ്പാസ് എന്ന് പറയുന്ന ആളാണ് നേരത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആൺ കൊല്ലുവാൻ കൽപ്പന കൊടുത്തത് ഈ ഹേരോദാവ് അന്തിപ്പാസിൻ്റെ പിതാവായ ഹേരോദ ദ ഗ്രേറ്റ് മഹാനായ ഹേരോദാവ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തെ തുടർന്നാണ് ഈ ഹേരോദാവ് അന്തിപ്പാസ് ഇപ്പോഴേ ഗലീല പ്രോവിൻസിൻ്റെ ഇടപ്രഭുവായിട്ട് ഉള്ളത് നാട് വഴിയായിട്ടുള്ളത് ഈ ഹേരോദ അന്തിപ്പാസ് ആണ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയതിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ സംസാരിച്ചതിനെ തുടർന്ന് യോഹന്നാനെ ആ നിലയിൽ കൊല്ലാനായിട്ട് ഉത്തരവ് കൊടുത്തത് ഈ ഹേരോദാവ് അന്തിപ്പാസാണ് അപ്പോൾ അതുപോലെ തന്നെ ലൂക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തിരണ്ട് നോക്കുക യേശു അവനെ കുറുക്കനെന്ന് വിളിച്ചത് ഈ ഹേരോദാവ് അന്തിപ്പാസിനെയാണ് അപ്പോൾ മഹാനായ ഹേരോദാവിൻ്റെ മകനായ ഹേരോദ അന്തിപ്പാസ് മഹാനായ ഹേരോദാവാണ് ആൺ ശിശുക്കളെ രണ്ട് വയസ്സുകൾ താഴെയുള്ളവരെ കൊല്ലാൻ കല്പന കൊടുത്തത് ഈ ഹേരോദ അന്തിപ്പാസാണ് യോഹനാൻ സ്നാപകനെ കൊല്ലിച്ചത് അതുപോലെ തന്നെ കർത്താവ് കുറുക്കൻ എന്ന് വിളിച്ചതും ഈ ഹേരോദാവിനെയാണ് അവൻ്റെ അടുത്തേക്ക് പീലാത്തോ സഹായിക്കുന്നു പക്ഷെ ആ ഹേരോദാവിനും യേശുവിൽ കുറ്റമൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അവൻ യേശുവിനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ശുപ്രവസ്ത്രം ധരിപ്പിച്ച് തിരിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് അയക്കുന്നു ഇവിടെ കണ്ടോ ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ അവിടെ ഒരു കൊച്ചു വാക്യമുണ്ട് അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു അപ്പോൾ ഗലീലാനാടിൻ്റെ ഇടപ്രഭുവായ ഹേരോദാവും റോമൻ ഗവർണറായ പീലാത്തോസും തമ്മിൽ വൈരാഗ്യമായിരുന്നു ഈ ഒരൊറ്റ സംഭവത്തെ തുടർന്ന് യേശുവിനെ ഹേരോദാവിൻ്റെ അടുത്തേക്ക് ഗലീലക്കാരനാണെന്ന് അറിഞ്ഞ് ന്യായം വിധിക്കാനായിട്ട് ഹേരോദാവിൻ്റെ അടുത്തേക്ക് പീലാത്തോസ് അയക്കുകയും അവിടെ ഹേരോദാവ് യേശുവിനെ വിസ്തരിച്ചിട്ട് കുറ്റമൊന്നും കാണാതെ തിരിച്ച് പീലാത്തോസിൻ്റെ അടുത്ത് അയക്കുകയും ചെയ്ത ആ ഒരൊറ്റ സംഭവം അവരെ തമ്മിൽ ഒന്നിപ്പിച്ചു അവരുടെ ശത്രുത്വം മാറ്റി എന്നാണ് പറയുന്നത് അപ്പം കണ്ടോ ഈ ഹേരോതാവിൻ്റെയും പീലാത്തോസിൻ്റെയും വൈരാഗ്യം പക മാറ്റിയതാരാണ് അതിന് കർത്താവാണ് ഇടയാക്കിയത് കർത്താവിനെ വിസ്തരിച്ച ആളുകളുടെ ഇടയിലുള്ള വൈരാഗ്യം പോലും പാപം പോലും മാറ്റത്തക്കവണ്ണം അവരെ ഒരുമിപ്പിക്കത്തക്കവണ്ണം കർത്താവ് ആ എത്രയോ ആ കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തി വിശുദ്ധിയുടെ ഒരു പ്രവൃത്തിയാണ് തൻ്റെ അവസാന നിമിഷങ്ങളിലും ചെയ്തത് കാര്യം ഓർക്കണം തുടർന്ന് പീലാത്തോസ് പറഞ്ഞു ഇവനിൽ കുറ്റമൊന്നു കാണുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവരെ അവന് ഒരു നട്ടല്ലുള്ള ആളായിരുന്നില്ല ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തഞ്ച് നോക്കുക അവനിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് ഇരുപത്തിമൂന്നിൻ്റെ പതിനാലിലും പതിനഞ്ചിലും ഒക്കെ പറയുകയും കൈ ചെയ്ത ആളാണ് പീലാത്തോസ് പക്ഷേ ജനത്തിൻ്റെ ഹിതത്തിന് ന്യായം വിട്ട യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ തുടർന്ന് യേശു ഗിലിയിലെ ക്ഷമിക്കണം ആ തന്നെ കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുന്നു ആ പോകുന്ന വഴിക്കാണ് കുറേനക്കാരനായ ഷിമോൻ എന്നൊരുവനെ കുരിശ് ഏൽപ്പിക്കുന്നത് മത്തായി ഇരുപത്തി ഏഴിൻ്റെ മുപ്പത്തിരണ്ട് റോമർ പതിനാറിൻ്റെ പതിമൂന്ന് ഈ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ കുറേനക്കാരനായ ഷിമോൻ കർത്താവിൻ്റെ ക്രൂശു ചുമന്നവൻ തുടർന്ന് കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നു കർത്താവിൻ്റെ ശിഷ്യനായി തീരുകയും അവൻ്റെ മക്കൾ രണ്ടാൺമക്കൾ അറിയപ്പെടുന്ന വിശ്വാസികളായിത്തീരുകയും ചെയ്തു മർക്കോസിൻ്റെ സുശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് നോക്കുക മർക്കോസ് പതിനഞ്ച് ഇരുപത്തൊന്ന് അവന് അങ്ങനെ ആ ക്രൂശി ചുമന്നത് അവനും കുടുംബത്തിനും വലിയ അനുഗ്രഹമായിത്തീർന്നു തുടർന്ന് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ ചൊല്ലിക്കരയുന്ന എരിശിലേപുത്രിമാരോട് കർത്താവ് പറയുന്നു നിങ്ങൾ എന്നെ ചൊല്ലിക്കരൻ ഉണ്ടായെന്ന് പറയുന്നു മുപ്പത്തൊന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നു പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഉണങ്ങിയതിനോടെത്ര ഇവിടെ പച്ചമരമെന്നുദ്ദേശിക്കുന്നത് കർത്താവിനെ തന്നെയും ഉണങ്ങിയ മരം എന്നുള്ളത് യഹൂദാ ജാതിയെയുമാണ് ഏ ഡി എഴുപതിൽ ആ നിലയിൽ അവർക്കുണ്ടാകുന്ന പീഡനങ്ങളെയാണ് പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എത്ര അധികം ചെയ്യും എന്നവിടെ പറഞ്ഞത് പ്രിയപ്പെട്ടവർ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവിനെ ക്രോശിക്കുമ്പോൾ അവിടെ കർത്താവിനെക്കുറിച്ചുള്ള മേലെഴുത്ത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്നുള്ളത് ഗ്രീക്ക് ആരാമ്യ എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ അത് അന്നത്തെ സംസ്കാരത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഭാഷയാണ് ഗ്രീക്ക് ആ ഗ്രീക്കിൽ രേഖപ്പെടുത്തിയിരുന്നു ആരാമ്യ ഭാഷ നിയമത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭാഷയാണ് യേശു ആ മണ്ഡലത്തിൻ്റെയും രാജാവാണ് എന്നുള്ളതാണ് ആ ഭാഷയിൽ രേഖപ്പെടുത്തിയതിൽ നിന്ന് വ്യക്തമാകുന്നത് എബ്രാഹി ഭാഷയാകട്ടെ അന്ന് നിലവിലിരുന്ന യഹൂദ മതത്തിൻ്റെ ഭാഷ ചുരുക്കത്തിൽ യേശു ജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കർത്താവാണ് അതുപോലെ നിയമത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കർത്താവാണ് സകല മതങ്ങളുടെയും കർത്താവാണ് എന്ന മൂന്ന് ലാംഗ്വേജിൽ മൂന്ന് ഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയിലെ വ്യക്തമാക്കുന്നു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിവിധ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ കർത്താവ് ആ നിലയിൽ എല്ലാറ്റിനും കർത്താവാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ കേവലം രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ കർത്താവ് എല്ലാത്തിൻ്റെയും രാജാവാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചിന്തയെടുത്ത് ഗ്രീക്കിലും ആരാമ്യയിലും ഏബ്രാഹിലും കർത്താവ് അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് എടുത്ത് നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് യേശുവിനെ വാഴിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ കർത്താവിനെ ക്രൂശിച്ചതിനു ശേഷം കർത്താവിൻ്റെ ഇടത്തും വലത്തും കിടന്ന രണ്ട് കള്ളന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് പല ചിന്തകൾ എടുക്കാൻ കഴിയും എന്ന് തോന്നുന്നു അതിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലെയോ നിന്നെ ഞങ്ങളെയും രക്ഷിക്കാ പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവേ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേയെന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഇവിടെയുള്ള രണ്ട് കള്ളന്മാർ രണ്ട് മനോഭാവങ്ങളെയാണ് കുറിക്കുന്നത് കള്ളൻ ഒരു കള്ളൻ ഇടത്തേ പലത്തു കൃത്യമായിട്ട് പറയുന്നില്ല എന്നാലും നാശത്തിലേക്ക് പോയ കള്ളൻ അവനെന്താ അവന് താന് ഈ നിലയിൽ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യനല്ല എന്നാണ് അവൻ്റെ മനോഭാവം അതേസമയം രക്ഷയിലേക്ക് വന്ന കള്ളൻ പറയിലേക്ക് പോയ കള്ളൻ അവൻ പറയുന്നത് നമ്മൾ യോഗ്യമായതാണ് അനുഭവിക്കുന്നത് ഈ ശിക്ഷയ്ക്ക് താൻ യോഗ്യനാണ് ഇതാണ് അവൻ്റെ മനോഭാവം അപ്പം കണ്ടോ രണ്ടു മനോഭാവങ്ങളാണ് അതുപോലെ ആ ശിക്ഷയിലേക്ക് പോയ നരകത്തിലേക്ക് പോയ ആ കള്ളൻ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങാനാണ് മോഹം നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം എന്നാൽ മറ്റേ കള്ളനോ രക്ഷിക്കപ്പെട്ട കള്ളനോ അവൻ ഇതിനെല്ലാം യോഗ്യനാണ് താൻ മരണശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് സമ്മതിക്കുന്നു അപ്പോൾ തെറ്റ് സമ്മതിക്കുന്നു ഒരാൾ തെറ്റ് സമ്മതിക്കുന്നു മറ്റേ തെറ്റ് സമ്മതിക്കുന്നില്ല ഇതാണ് ഇവരെ വ്യത്യസ്തരാക്കിയ ഒരു ഘടകം പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത് ആ രക്ഷിക്കപ്പെട്ട കള്ളൻ കർത്താവിൽ വിശ്വസിക്കുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു കർത്താവായി യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ കള്ളൻ എങ്ങനെ മനസ്സിലായി അവന് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ യേശു ക്രൂശിൽ കിടന്ന് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാമല്ലേ ഇവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത് ഇവൻ കേട്ടിട്ടുണ്ടാവും അതുപോലെ ക്രൂശിൽ കിടന്നുള്ള യേശുവിൻ്റെ വിവിധ പ്രതികരണങ്ങൾ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനെ തുടർന്ന് യേശു ഈ നിലയിൽ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന വിശ്വാസം അവനുണ്ടായി തുടർന്ന് അവൻ പറയുന്നു യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ യേശുവേ എന്ന് പറയുമ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ രക്ഷകൻ കർത്താവിനെ രക്ഷകൻ എന്നവൻ വിളിക്കുകയാണ് യേശുവേ രക്ഷക ഏ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ രാജാവായിട്ട് യേശുവിൻ്റെ രാജ്യത്വത്തെ അവൻ അംഗീകരിക്കുകയാണ് രാജ്യത്വം പ്രാപിച്ച എല്ലാത്തിനും കർത്താവായിട്ട് വരുമ്പോൾ അപ്പൊ നോക്ക് അവനെ ഒരു കൊച്ചു വാക്കേ പറഞ്ഞിട്ടുള്ളൂ ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാല്പത്തിരണ്ട് അവനൊരു കൊച്ചു ഏറ്റുപറച്ചിലാണ് പറഞ്ഞത് പക്ഷേ അവിടെ അവൻ്റെ വിശ്വാസം അവൻ്റെ അവൻ പാപിയാണെന്നുള്ള പാപത്തിന് ആ പാപക്ഷമ വേണം എന്നുള്ള ആ ബോധ്യം അതുപോലെ കർത്താവ് കർത്താവിൻ്റെ രക്ഷകനും അതുപോലെ തന്നെ രാജാവുമാണെന്നുള്ള ഏറ്റുപറച്ചിൽ എന്നെ ഓർത്തുകൊള്ളണമേ എന്നുള്ള അപേക്ഷ ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് ആ കൊച്ചു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു എന്ത് ചെയ്യുന്നു അതിൻ്റെ നാൽപ്പത്തി വാക്യത്തിൽ യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറതീശയിലിരിക്കും എന്ന് യേശു പറയുന്നു കണ്ടോ ആ എത്ര മനോഹരമായ ഒരു കാര്യമാണ് ആ യേശു പറഞ്ഞതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്കെടുക്കാനായിട്ടേ കഴിയും യേശു പറഞ്ഞത് ഇന്ന് എത്ര വേഗത്തിലാണ് അവന് രക്ഷ വന്നത് ഇന്ന് ഇന്ന് എന്നോടുകൂടെ എന്നോടുകൂടെ കണ്ടോ കർത്താവായ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ എത്ര മനോഹരമായ കൂട്ടായ്മ എവിടെ പർദീസയിൽ പർദീസ എത്ര സന്തോഷകരമായ സ്ഥലം കണ്ടു അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇന്ന് എത്രയും വേഗത്തിൽ എന്നോടുകൂടെ മനോഹരമായ കൂട്ടായ്മ അനുഭവിച്ച് മനോഹരമായ പർവീസയിലിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് ഈ നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു രക്ഷയ്ക്ക് വേണ്ട അല്ലെങ്കിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ഏഴ് ചിന്തകൾ നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിയും ഒന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് ഇത് അവനെ വിശ്വാസത്തോടെ അവനേറ്റു പറഞ്ഞ് കർത്താവിനോട് അപേക്ഷിച്ചതേ ഉള്ളു അപ്പോൾ രക്ഷയെന്ന് പറയുന്നത് ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച മാനസാന്തരം വിശ്വാസം എന്നിങ്ങനെയുള്ള ലളിതമായ രണ്ട് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് എന്ന് ഈ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവനൊരു പ്രവൃത്തിയും ചെയ്തില്ല രക്ഷെന്നുള്ളത് മാനസാന്തരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്നു അടുത്തത് രക്ഷ എന്ന് പറയുന്നത് ഒരു കൂതാശയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതല്ല നമ്മൾ പറയും ചിലപ്പോൾ അത് കഴിഞ്ഞ് സ്നാനപ്പെട്ടില്ല കർത്തൃമേശ പങ്കെടുത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന് വിഘാതമായിട്ടായിരിക്കുന്നില്ല അവൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ യാതൊരു വിധമായ മതത്തിൻ്റെതായ ആചരണങ്ങളും കൂടാതെ തന്നെ അവൻ രക്ഷയിലേക്ക് വന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഈ കള്ളൻ്റെ രക്ഷ നമ്മിലേക്ക് നമുക്ക് വ്യക്തമാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ രക്ഷ സൽപ്രവൃത്തികളല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കള്ളൻ ഒരു സൽപ്രവൃത്തിയും ചെയ്തില്ല അവൻ വലിയ കള്ളനായിരുന്നു കൊലപാതകനായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഒരു സൽപ്രവൃത്തിയും ചെയ്തില്ല ആകെ ചെയ്തത് ഈ താൻ പാപിയാണെന്ന് പറഞ്ഞു കർത്താവ് തന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസമേറ്റു പറഞ്ഞു അപ്പോൾ രക്ഷയെന്ന് പറയുന്നത് സൽപ്രവർത്തികളാലല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് മതമൊക്കെ മറ്റ് പല രക്ഷയൊക്കെ സൽപ്രവർത്തികളിലൂടെ ലഭിക്കും എന്നൊക്കെയാണല്ലോ പറയുന്നത് അതിന് എതിരെയുള്ള ഒരു വ്യക്തമായ ഒരു നിലപാടാണ് ഈ കള്ളൻ്റെ രക്ഷിക്കപ്പെടൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ മരണാനന്തരം ആത്മാവ് ഒരു നിതാന്തമായി ഒരു ഉറങ്ങുകയാണെന്നോ ഒക്കെയാണ് പലരും കരുതുന്നത് ഒരുപക്ഷെ ശരീരം ഉറങ്ങുകയായിരിക്കും എന്നാൽ നമ്മുടെ ബോധാവസ്ഥ മരണശേഷവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും എന്ന് കർത്താവ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തീയ മതങ്ങൾ തന്നെ കത്തോലിക്ക സഭയുമൊക്കെ ഉൾപ്പെടെയുള്ളവരെ ബസ്പുർക്കാന ശുദ്ധീകരണ സ്ഥലം എന്നൊന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ കർത്താവ് ഇവനോട് പറയുന്നത് നീയെ ബസ്ബുർഖാനയിൽ പോയിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് പർദീസയിൽ വരുമെന്നല്ല ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും എന്ന് പറയുമ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്നൊന്നില്ലെന്ന് അവിടെ വ്യക്തമാകുന്നു നേരെ അവനെ പറദീസയിലേക്കാണ് പ്രവേശിക്കുന്നത് അതുപോലെ ചില മതങ്ങൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് എല്ലാവരും ദൈവം ഇങ്ങനെ കൃത്യമായിട്ടൊന്നും തലനാരിഴ കീറിയൊന്നും നോക്കുന്നില്ല മനുഷ്യരുടെയൊക്കെ കുഴപ്പങ്ങളും അവരുടെയൊക്കെ പരിമിതികളും ദൈവത്തിനറിയാം അതുകൊണ്ട് രക്ഷ സാർവത്രികമാണ് ദൈവം രക്ഷിക്കും അല്ലാതെ കുറേ പേരെ നരകത്തിൽ എന്നൊക്കെ ചിലർ പറയാറുണ്ടല്ലോ എന്നാൽ ഈ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനോട് മാത്രമാണ് ഏറ്റു വിശ്വസിച്ച കള്ളനോട് മാത്രമാണ് യേശു നീ ഇന്ന് എന്നോട് കൂടെ പറദീസയിലിരിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മറ്റേ കള്ളനോട് പറയാത്തത് കൊണ്ട് രക്ഷ എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ല മറിച്ച് വിശ്വസിച്ച് ഏറ്റു പറയുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതും അവിടെ നിന്ന് വ്യക്തമാകുന്നു അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം മരണാനന്തരം ഉള്ള ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഇന്ന് നീ എന്നോടുകൂടെ എന്ന പ്രയോഗം മരണത്തിലേക്ക് വഴുതി വീഴുന്ന കള്ളന് നൽകപ്പെട്ട വാഗ്ദത്വത്തിൻ്റെ ഒരു ഒരു നല്ല ഒരു ആ നിലയിലുള്ള ഒരു പ്രോമിസാണ് അവൻ അതേ പിടിച്ചുകൊണ്ട് ആ ഭാഗ്യകരമായ പ്രത്യേ പിടിച്ചുകൊണ്ട് വിട്ടുപിരിഞ്ഞ കർത്താവിനോടുകൂടെ ഇരിക്കുന്നത് ഏറ്റവും ഉത്തമം എന്നുള്ള ബോധ്യത്തിൽ അവൻ സന്തോഷത്തോടെ പറദീസയിലേക്ക് പോയി നോക്കുക ഈ ഈ പറശയിലേക്ക് പോയ ഈ കള്ളനെ പോലെ ഭാഗ്യവാനായ ആരെങ്കിലും ഉണ്ടോ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഏ അവനാണ് ഒന്നും ചെയ്യാനിട്ടും അവൻ പറശയിൽ പോയല്ലോ പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഏഴ് കാര്യങ്ങൾ ഇവൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ട നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രക്ഷ മാനസാന്തരം വിശ്വാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് ഈ കാര്യം വ്യക്തമാക്കുന്നു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വ്യക്തമാക്കുന്നു രക്ഷ കൂതാശകളിൽ നിന്ന് സ്വതന്ത്രമാണെന്നുള്ളത് വ്യക്തമാക്കുന്നു മൂന്ന് രക്ഷ സൽപ്രവർത്തികളാലല്ല എന്നത് വ്യക്തമാക്കുന്നു നാലാമത് മരണാനന്തരം ആത്മാക്കൾ നിതാന്തമായിട്ടൊരു നിദ്രയിലോ ഉറക്കത്തിലോട്ടോ പോവുകയില്ല ശരീരം ഒരുപക്ഷെ ഉറങ്ങുമായിരിക്കുക കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലായിരിക്കും ജീവിപ്പിക്കപ്പെടുന്നത് പക്ഷേ ബോധാവസ്ഥ മരണശേഷവും നിലനിൽക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ അഞ്ചാമത് ശുദ്ധീകരണ ബസ്പുർക്കാന എന്നൊന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നു ആറാമത് എല്ലാവരും ഏതായാലും രക്ഷിക്കപ്പെടും എല്ലാവർക്കും ആത്യന്തികമായിട്ട് ദൈവം രക്ഷ കൊടുക്കും നരകമില്ല എന്ന് കരുതുന്നത് ശരിയല്ല എന്നുള്ളത് ഈ ഭാഗം വ്യക്തമാക്കുന്നു രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഏഴാമത് മരണാനന്തരമുള്ള സന്തോഷത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കർത്താവുമായുള്ള കൂട്ടായ്മയാണ് അതിനെ പരതീശയാക്കി തീർക്കുന്നത് നമുക്കും മരണാനന്തര കർത്താവിനോടുള്ള കൂട്ടായ്മയാണ് ആ സ്വർഗത്തെ നമുക്ക് ആകർഷകമായ സ്ഥലമാക്കുന്നത് എന്നുള്ള കാര്യം ഇത് വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ടവരെ നോക്കുക രണ്ടു കള്ളന്മാർക്കും ഒരൊറ്റ ജീവിതമാണ് ഉണ്ടായത് പക്ഷേ അവസാനം ആ നിമിഷത്തിൽ ആ ഒരു കള്ളന് ലഭിച്ച ആ നിലയിലുള്ള വിശ്വാസവും ഏറ്റുപറച്ചിലും പാപബോധവും അവനെ പറദീശയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ദൈവം സാർവത്രികമായി എല്ലാവർക്കുമായിട്ട് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന കർത്താബിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ എന്നുള്ളത് എത്ര വലിയ കാര്യമാണ് അവിടെ കൂശിൽ കിടക്കുന്ന കള്ളൻ ഒന്നും ചെയ്യാൻ കഴിവില്ലായിരുന്നു ഒന്നും പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടാൻ കഴിവില്ലായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്കും ഇപ്പം കിടക്കയിൽ തന്നെ കിടക്കുന്ന ഒരാൾക്കും അംഗവിഹീനായ ഒരാൾക്കും യാതൊരു മറ്റ് നിലയിൽ ഒരു പ്രവർത്തിയും ചെയ്യാൻ കഴിയാത്ത ആൾക്കും കർത്താവെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതിലൂടെ ഹൃദയ കൊണ്ട് ഹൃദയത്തിൻ്റെ ഏറ്റുപറച്ചിൽ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പരദീസയിലെത്താമെന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ് ദൈവം എല്ലാവരെയും ആ നിലയിൽ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത്ര വലിയ രക്ഷ രക്ഷയുടെ നീളം വീതി ആഴം ഉയരം ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകട്ടെ ഈ രക്ഷയെ നമുക്ക് വലുതായിട്ടെണ്ണാം ഇതിനെ നമുക്ക് ഈ രക്ഷയെ തുച്ഛീകരിക്കാതിരിക്കാം ഈ രക്ഷയ്ക്ക് നമ്മളെ ആ നിലയിൽ അവകാശികളാക്കിയതോർത്ത് ദൈവത്തോട് എന്നും നമുക്ക് കടപ്പാടുള്ളവരായിരിക്കാം ദൈവത്തെ സ്തുതിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ